അധ്യായം നാല് യഹൂദയുടെ പുത്രന്മാർ പേരസ് ഹെസറോൻ കർമി ഹൂർ ശോബൽ ശോബലിന്റെ മകനായ രയായാവ് യഹത്തിനെ ജനിപ്പിച്ചു യഹത്ത് അഹുമായിയെയും ലാഹദിനെയും ജനിപ്പിച്ചു ഇവർ സോരത്യരുടെ കുലങ്ങൾ ഏതാമിന്റെ അപ്പനിൽ നിന്നുഭവിച്ചവർ ഇവർ ഇസ്രയേൽ ഇസ്മാം ഇത്ബാസ് അവരുടെ സഹോദരിക്ക് ഹസേ ലൊപ്പോനി എന്നുപേർ പെനുവേൽ ഗദോരിന്റെ അപ്പനുംഹൂഷയുടെ അപ്പനും ആയിരുന്നു ഇവർ ബേത്തലഹേമിന്റെ അപ്പനായ യഫ്രാത്തയുടെ ആദ്യജാതനായ പൂരിന്റെ പുത്രന്മാർ തെക്കോവയുടെ അപ്പനായ അശഹൂരിന് ഹേല നയര എന്ന രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു നയര അവന് അഹൂസാം ഹേഫർ തേമനി ഹായഹസ്താരി എന്നിവരെ പ്രസവിച്ചു ഇവർ നയരയുടെ പുത്രന്മാർ ഹേലയുടെ പുത്രന്മാർ സെരത് യസോഹർ എത്നാൻ കോസ് ആനൂബിനെയും സോബേബേയും ഹാരൂമിന്റെ മകനായ അഹർഹേലിന്റെ കുലങ്ങളെയും ജനിപ്പിച്ചു യബേസ് തന്റെ സഹോദരന്മാരെ കാണും ഏറ്റവും മാന്യൻ ആയിരുന്നു അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന് പേരിട്ടു യബ്ബേസ് ഇസ്രയേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെയിരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്നപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി ശൂഹയുടെ സഹോദരനായ കെലൂബ് മെഹീറിനെ ജനിപ്പിച്ചു ഇവൻറെ അപ്പൻ ബേത്തരാഹയെയും പാസേഹയെയും ഈർനഹാസിന്റെ അപ്പനായയേയും ജനിപ്പിച്ചു ഇവർ രേഖാ ആകുന്നു കെനസന്റെ പുത്രന്മാർ ഒത്നിയേൽ സെരായാവ് ഉത്നിയേലിന്റെ പുത്രന്മാർ ഹത്തത് മെയോ ഒഫ്രയെ ജനിപ്പിച്ചു ഗെഹരാശീമിന്റെ അപ്പനായ യോവാബിനെ അവർ കൌശലപ്പണിക്കാർ ആയിരുന്നുവല്ലോ യഫൂന്നയുടെ മകനായ കാലിബിന്റെ പുത്രന്മാർ ഈരു നായബ് ഏലയുടെ പുത്രന്മാർ കെനസ് യഹലേലിന്റെ പുത്രന്മാർ സീഫ് സീഫ ീര്യ അസരേയുടെ പുത്രന്മാർ യഥർ മേരത് എഫർ യാലോൻ എന്നിവരായിരുന്നു അവൾ മിരിയാമിനെയും ഷമ്മയെയും എസ്കെമോവയുടെ അപ്പനായ ഇഷ്ബഹിനെയും പ്രസവിച്ചു അവന്റെ ഭാര്യയായ യഹൂദിയ ഗദോരിന്റെ അപ്പനായ യേരദിനെയും സോഖോവിന്റെ അപ്പനായ ഹേബറിനെയും സനോഹയുടെ അപ്പനായ യഖൂതിയേലിനെയും പ്രസവിച്ചു ഇവരാകുന്നു മേരത് പരിഗ്രഹിച്ച പറവോന്റെ മകളായ ബിഥിയുടെ പുത്രന്മാർ നഹമിന്റെ സഹോദരിയും ഓദിയാവിന്റെ ഭാര്യയുമായ പുത്രന്മാർ ഗർമ്മ്യനായ കെയ്യയില അപ്പനും മയക്കാത്യനായ എസ്തേമോവയും തന്നെ ഷീമോന്റെ പുത്രന്മാർ അമ്നോനും ബെൻഹനാൻ തീലോൻ ഇഷിയുടെ പുത്രന്മാർ സോഹേത് ബെൻസോഹേത് യഹൂദയുടെ മകനായ ഷേലയുടെ പുത്രന്മാർ ലേഖയുടെ അപ്പനായ ഏരും മാരേഷയുടെ അപ്പനായ ലതയും ബേത്ത് അസ്ബേയയിൽ ക്ഷണപടം നെയ്യുന്ന കൈത്തൊഴിൽക്കാരുടെ കുലങ്ങളും യോക്കീമും കോസേബ നിവാസികളും ോവാബിൽ അധികാരമുണ്ടായിരുന്ന യോവാഷ് സാരാഫ് എന്നിവരും യാഷൂബി ലേഹമും തന്നെ ഇവ പുരാണ വൃത്താന്തങ്ങൾ അല്ലോ ഇവർ നതായിരയിലും പാർത്ത കുശവന്മാർ ആയിരുന്നു അവർ രാജാവിനോടു കൂടെ അവന്റെ വേല ചെയ്യുവാൻ അവിടെ പാർത്തു ഷിമയോന്റെ പുത്രന്മാർ നെമുവേൽ യാമീൻ യാരി സേര ഷൌൽ അവന്റെ മകൻ ശല്ലും അവന്റെ മകൻ മിക്സ അവന്റെ മകൻ മിസ്മ മിസ്മയുടെ പുത്രന്മാർ അവന്റെ മകൻ ഹമ്മുവൻ അവന്റെ മകൻ സക്കൂർ അവന്റെ മകൻ ഷിമയി ഷിമയിക്ക് പതിനാറ് പുത്രന്മാരും ആറ് പുത്രിമാരും ഉണ്ടായിരുന്നു എങ്കിലും അവന്റെ സഹോദരന്മാർക്ക് അതിഗം മക്കൽ ഇല്ലായഗ्याल അവരുടെ കുലമെല്ലാം യഹൂദാ മക്കളോളം വർത്തിചില്ല അവർ ബെർശബയിലും മോലാദയിലും ഹസർ ഷുവാലിലും ബിൽഹയിലും യെസമിലും തോലാദിലും ബത്ത്വയിലിലും ഹോർമേയിലും സിക്ലാഗിലും ബത്ത് മർക്കാബൂത്തിലും ഹസർ സൂസിയിലും ബത്ത് ബിദിയിലും ശയറെയിയിലും പാർത്തു ീദിന്റെ വാഴ്ചവരെ അവരുടെ പട്ടണങ്ങൾ ആയിരുന്നു അവരുടെ ഗ്രാമങ്ങൾ ഏതാ അയ്യീൻ റിമോൻ തോക്കൻ ആശാൻ ഇങ്ങനെ അഞ്ചു പട്ടണവും ഈ പട്ടണങ്ങളുടെ ചുറ്റും ബാൽ അവയ്ക്കുള്ള സകല ഗ്രാമങ്ങളും തന്നെ ഇവ അവരുടെ വാസസ്ഥലങ്ങൾ അവർക്ക് സ്വന്തം വംശാവലിയും ഉണ്ടായിരുന്നു മെഷോബ് യംലെ അമസ്യാവിന്റെ മകനായ യോഷ യോവേൽ അസിയേലിന്റെ മകനായ സെരായാവിന്റെ മകനായ യോഷിബ്യാവിന്റെ മകനായ യഹു എല്യോവേനായി യയക്കോബ യശോഹായാവ് അസായാവ് അദിയേൽ യസീമിയൽ ബനായാവ് ഷെമയാവിന്റെ മകനായ ഷിമ്രിയുടെ മകനായ യദായാവിന്റെ മകനായ അല്ലോന്റെ മകനായ ഷിഫിയുടെ മകനായ സീസ പേർവിവരം പറഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ കുലങ്ങളിൽ പ്രഭുക്കന്മാരായിരുന്നു അവരുടെ പ്രതിർഭവനങ്ങൾ ഏറ്റവും വർധിച്ചിരുന്നു അവർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചൽ തിരയേണ്ടതിന് ഗദോർ പ്രവേശനത്തോളം താഴ്വരയുടെ കിഴക്കുവശം വരെ യാത്ര ചെയ്തു അവർ പുഷ്ടിയുള്ളതും നല്ലതുമായ മേച്ചൽ കണ്ടെത്തി ദേശം വിസ്താരവും സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരുന്നു അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശക്കാരായിരുന്നു പേർവിവരം എഴുതിയിരിക്കുന്ന ഇവർ യഹൂദ്യ രാജാവായ യഹിസ്കിയാവിന്റെ കാലത്ത് അവിടെ ചെന്ന് അവരുടെ കൂടാരങ്ങളെയും അവിടെയുണ്ടായിരുന്ന മെയ്യൂന്യരെയും ആക്രമിച്ചു ഇന്നുവരെ അവർക്ക് നിർമൂലനാശം വരുത്തുകയും അവിടെ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചലുള്ളതുകൊണ്ട് അവർക്കു പകരം പാർക്കുകയും ചെയ്തു ശിമയോന്യരായ ഇവരിൽ അഞ്ഞൂറ് പേർ ഇഷിയുടെ പുത്രന്മാരായ പെലത്യാവ് നയ്യര്യാവ് രഫായാവ് ഉസിയേൽ എന്നീ തലവന്മാരോടുകൂടെ സേയിർ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു അവർ അമാലേക്കരിൽ ചാടിപ്പോയിരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്നു ഇന്നുവരെ അവിടെ പാർക്കുന്നു